ം പത്ത് അതിന്റെ ശേഷം അമ്മുന്യരുടെ രാജാവ് മരിച്ചു അവന്റെ മകനായ ഹാനൂൻ അവരുപകരം രാജാവായി അപ്പോൾ ദാവീത് ഹാനൂന്റെ അപ്പനായ നാഹാഷ് എനിക്ക് ദയ അവന്റെ മകന് ഞാനും ദയചെയ്യുമെന്ന് പറഞ്ഞു അവന്റെ അപ്പനെക്കുറിച്ച് അവനോട് ആശ്വാസവാക്കു പറവാൻ തന്റെ ഭൃത്യന്മാരെ പറഞ്ഞയച്ചു ദാവീദിന്റെ ഭൃത്യന്മാർ അമ്മൂന്യരുടെ ദേശത്ത് എത്തിയപ്പോൾ അമൂന്യപ്രഭുക്കന്മാർ തങ്ങളുടെ യജമാനനായ ഹാനുവിനോട് ദാവീദ് നിന്റെ അപ്പനെ ബഹുമാനിച്ചിട്ടാകുന്നു ആശ്വസിപ്പിക്കുന്നവരെ നിന്റെ അടുക്കൽ അയച്ചതെന്ന് തോന്നുന്നുവോ പട്ടണത്തെ ശോധന ഒറ്റുനോക്കുവാനും അതിനെ നശിപ്പിച്ചു കളവാനുമല്ലെയോ ദാവീദ് ഭൃത്യന്മാരെ നിന്റെ അടുക്കൽ അയച്ചത് എന്ന് പറഞ്ഞു അപ്പോൾ ഹാനൂൻ ദാവീദന്റെ ഭൃത്യന്മാരെ പിടിച്ച് അവരുടെ താടിയെ പാതി ചിരപ്പിച്ച് അവരുടെ അങ്കികളെ നടുവിൽ ആസനം വരെ മുറിപ്പിച്ച് അവരെ അയച്ചു ദാവിദരാജാവ് ഇതറിഞ്ഞപ്പോൾ ആ പുരുഷന്മാർ ഏറ്റവും ലജ്ജിച്ചിരുന്നതുകൊണ്ട് അവരുടെ അടുക്കൽ ആളയച്ചു നിങ്ങളുടെ താടി വളരും വരെ എരിഹോവിൽ താമസിപ്പീൻ പിന്നെ മടങ്ങിവരാം എന്ന് പറയിച്ചു തങ്ങൾ ദാവീദിന് വെറുപ്പുള്ളവരായി തീർന്നു എന്ന് അമൂന്യർ കണ്ടപ്പോൾ അവർ ആളയച്ച് ബേത് രഹോബിലെ അരാമ്യൽ നിന്നും സോബയിലെ അരാമ്യൽ നിന്നും ഇരുപതിനായിരം കാലാളുകളെയും ആയിരം പേരുമായി മാഖാരാജാവിനെയും തോബിൽ നിന്ന് പന്തിരായിരം പേരെയും കൂലിക്കുവരുത്തി കേട്ടപ്പോൾ യോവാബിനെയും ശൂരന്മാരുടെ സകല സൈന്യത്തെയും അയച്ചു അമൂന്യരും പുറപ്പെട്ട് പട്ടണവാതുക്കൽ പടയ്ക്ക് അണിനിരന്നു എന്നാൽ സോബയിലെയും രഹോബിലേയും രാമ്യരും തോബ്യരും മാഖ്യരും തനിച്ച് വെളിമ്പ്രദേശത്തായിരുന്നു തന്റെ മുമ്പിലും പിമ്പിലും പടനിരന്നിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ യോവാ ഇസ്രയേലിന്റെ സകല വീരന്മാരിൽ നിന്നും ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്ത് അരാമ്യരുടെ നേരെ അണിനിരത്തി ശേഷം പടജനത്തെ അമൂന്യരുടെ നേരെ നിരത്തേണ്ടതിന് തന്റെ സഹോദരനായ അബിഷായിയെ ഏൽപ്പിച്ച് അവനോട് അരാമ്യർ എന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ നീ എനിക്ക് സഹായം ചെയ്യണം അമൂന്യർ നിന്റെ നേരെ പ്രാബല്യം പ്രാപിച്ചാൽ ഞാൻ നിനക്ക് സഹായം ചെയ്യും ധൈര്യമായിരിക്കാം നാം നമ്മുടെ ജനത്തിനും നമ്മുടെ ദൈവത്തിന്റെ പട്ടണങ്ങൾക്കും വേണ്ടി പുരുഷത്വം കാണിക്കുക യഹോവിയോ തനിക്കിഷ്ടമായത് ചെയ്യുമാറാകട്ടെ എന്നു പറഞ്ഞു പിന്നെ യോവാപും കൂടെയുള്ള ജനവും അരാമ്യരോട് പടയ്ക്ക് അടുത്തു അവർ അവന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി അരാമ്യർ ഓടിപ്പോയി എന്ന് കണ്ടപ്പോൾ അമൂന്യരും അബിഷായിയുടെ മുമ്പിൽ നിന്ന് ഓടി പട്ടണത്തിൽ കടന്നു യോവാ അമൂന്യരെ വിട്ട് യരുശലമിലേക്ക് മടങ്ങിപ്പോന്നു തങ്ങൾ ഇസ്രയേലിനോട് തോറ്റുപോയി എന്ന് അരാമ്യർ കണ്ടിട്ട് അവർ ഒന്നിച്ചുകൂടി ഹദദേസർ ആളയച്ച് നദിക്കരയുള്ള അരാമ്യരെ വരുത്തി അവർ ഹേലാമിലേക്ക് വന്നു ഹതദേസറിന്റെ സേനാപതിയായ ശോഭക് അവരുടെ നായകനായിരുന്നു അത് ദാവീദിന് അറിവ് കിട്ടിയപ്പോൾ അവൻ എല്ലാ ഇസ്രയേലിലെയും കൂട്ടിവരുത്തി യോർദാൻ കടന്ന് ഹേലാമിൽ ചെന്നു എന്നാറ് അരാമ്യർ ദാവീദിന്റെ നേരെ അണിനിരന്ന് പടയേറ്റു അരാമ്യർ ഇസ്രയേലിന്റെ മുമ്പിൽ നിന്ന് ഓടിപ്പോയി ദാവീദ് അരാമ്യൽ എഴുന്നൂറ് പേരാളികളെയും ായിരം കുതിരപ്പടയാളികളെയും കുന്നു അവരുടെ സേനാപതിയായ ശോഭക്കിനെയും വെട്ടിക്കൊന്നു എന്നാൽ ഹതദേശറിന്റെ ആശ്രിതന്മാരായ സകല രാജാക്കന്മാരും തങ്ങൾ ഇസ്രയേലിനോട് തോറ്റു എന്ന് കണ്ടിട്ട് ഇസ്രയേല്യരുമായി സന്ധി ചെയ്തു അവരെ സേവിച്ചു അതിൽ പിന്നെ അമ്മുന്യർക്ക് സഹായം ചെയ്യുവാൻ അരാമ്യർ ഭയപ്പെട്ടു